പറയുക സത്യത്തിലേക്ക് വഴി നടത്തുന്നവർ നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലുമുണ്ടോ പറയുക അള്ളാഹുസുബഹാനഹൂവ ചായാല സത്യത്തിലേക്ക് വഴി നടത്തുന്നു സത്യത്തിലേക്ക് വഴി നടത്തുന്നവനാണോ പിന്തുടരാൻ കൂടുതൽ യോഗ്യൻ അതോ വഴി നടത്തപ്പെടാതെ മറ്റൊരാളെ വഴി നടത്താൻ കഴിയാത്തവനാണോ നിങ്ങൾക്കെന്തു പറ്റി നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്